സന്യാസ ദീക്ഷയിലെ നാമകരണം അതിനെക്കുറിച്ചാണ് പറഞ്ഞത് നാമകരണം പിന്നെ സന്യാസിയുടെ ആചരണങ്ങളെ കുറിച്ചുള്ള ഉപദേശം ദീക്ഷയുടെ വ്യാഖ്യാനം പിന്നെ സന്യാസിയെ അടുത്ത് സന്യാസം കൊടുക്കുന്നതിന് ചുമതലപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ാണ് അതിനോടനുബന്ധിച്ച് നടത്തുന്നത് പിന്നെ സന്യാസ പദ്ധതിയിലുള്ളതും ഇപ്പോൾ ഇല്ലാത്തതുമായൊരു സംഭവമാണ് യോഗപട്ടം യോഗപട്ട ദീക്ഷ അതിപ്പോ ഇല്ല ഇപ്പോഴില്ലെന്ന് പറഞ്ഞ ഒരു എൺപതുകളിൽ ഞാൻ ഹരിദ്വാറിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ക്രമേണ നിശേഷമില്ല ഇപ്പം അതിന് പ്രധാനമായിട്ട് ഈ സന്യാസ ഒരു കാവ്യ ആർക്കും ഒരു ശനാമ സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളെ ആദ്യം തിരിച്ചറിയുന്നത് അവരുടെ അഭിവാദന മന്ത്രത്തിലൂടെയാണ് ആദ്യം തിരിച്ചറിയുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വ്യത്യാസം ഇപ്പോൾ വൈരാഗ്യ സമ്പ്രദായം അവരെ തിരിച്ചറിയുന്നതും പ്രധാനമായിട്ടും അവരുടെ അഭിവാദന മന്ത്രത്തിലൂടെയാണ് സിഖുകാർ അവർക്കും അവരുടേതായ അഭിവാദന മന്ത്രമുണ്ട് സമ്പ്രദായം ദശനോമി സമ്പ്രദായത്തിൽ അഭിവാദന മന്ത്രം എന്ന് പറയുന്നു ഓം നമോ നാരായണായ ഇതാണ് അപ്പൊ വടക്കേന്ത്യയില് ഇതെല്ലാം വടക്കേന്ത്യയിലാണ് ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്നിട്ട് നിങ്ങളുടെ പേരില് പുരിയുണ്ട് അപ്പോ ദശനാമിയാണെന്ന് ഉറപ്പിക്കാം പക്ഷേ നമശിവായെന്ന് പറഞ്ഞാൽ അവർ സംശയിക്കും ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ അവിടെ ഓം നമോ നാരായണായ എന്ന് പറയണമെന്നാണ് അങ്ങനെയാ പറയേണ്ടത് വൈരാഗികൾ വൈഷ്ണവ സമ്പ്രദായത്തിനെങ്കിൽ ജയ് ശ്രീറാം എന്നാണ് അവർ പറയുന്നത് അപ്പം ആദ്യം ഈ ഓം നമോ നാരായണായ എന്ന് പറയുക അത് കഴിഞ്ഞ് കുറേ അതിനോട് ചേർത്ത് പറയണം ഇപ്പോൾ അതാരും പറയാറില്ല ആവശ്യപ്പെടാറില്ല പക്ഷേ ഈ അഖാടകളുണ്ട് അവിടെ അത് വേണ്ടി വരും സാറിന് ആശ്രമങ്ങളത് വേണ്ട അവിടെ ചെന്നാൽ ഓം നമോ നാരായണായ എന്ന് തന്നെ പറയണം തൽക്കാലം നമശിവായ പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ എന്തിനാ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു കാരണം അത് ദശനാമികളുടെ അഭിവാദന മന്ത്രമാണ് അപ്പോ ഓം നമശിവായെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ആദ്യം ചോദ്യം ചെയ്യത്തില്ല അവരൊരു സംശയത്തോടെ നോക്കൂ യുവനാരുടെ പുരിയെന്ന് പറയുന്നു ഓം നമശിവായെന്ന് പറയും ഓം നമശിവായ ഹരി പറഞ്ഞാൽ അത് നമ്മുടെ ദശനാമി സമ്പ്രദായത്തിനൊരു പോരായ്മ തോന്നും അതിനോടൊപ്പം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ഗുരുവിന്റെ പേര് പറയുക അഭിവാദനം ചെയ്യുമ്പോൾ സാധാരണ അഭിവാദന വിധികളുണ്ടല്ലോ സ്മൃതികളിലൊക്കെ ഗോത്രം ഇതെല്ലാം പറഞ്ഞ് സ്വന്തം പേര് പറയുക എന്നുള്ളു അതിന് സമമായിട്ട് തന്നെ സന്യാസികൾക്കും അങ്ങനെയൊരു അഭിവാദന വിധിയുണ്ട് അത് കഴിഞ്ഞ് ഗുരുവിൻ്റെ പേര് പറയുക അതുപോലെ വിശേഷങ്ങളൊക്കെ ചേർത്ത് ശ്രീശ്രീന്നെല്ലാം ചേർത്ത് ആയിരത്തി എട്ടെന്നെല്ലാം പറഞ്ഞ് ഗുരുവിൻ്റെ പേര് പറയുന്നു പിന്നെ സന്യാസിമാർക്കും ഉണ്ട് ചില സംഗതികൾ ഈ ദിവസം മീൻസ് സന്യാസികൾ അതാണിപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്ന് മടി മടിയെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മടിയല്ല ശരിക്കും അത് അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മടിയെന്ന് പറഞ്ഞാൽ ബറ്റാലിയൻ എന്നാണ് നമ്മൾ ഏത് ബെറ്റാലിയനിൽപ്പെട്ട ആളാണ് അത് പറയുന്നു ഇപ്പം സന്യാസവും ബെറ്റാലിയനുമായിട്ട് ഉള്ള ബന്ധം എന്ന് പറയുന്നത് ഈ അഖാട സമ്പ്രദായം വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ സൂത്രം അങ്ങനെ കുറെ സംഗതികളുണ്ട് ഇതെല്ലാം ഗുപ്തനാമങ്ങളാണ് രഹസ്യ കോഡുകളാണ് ഇതെല്ലാം കൂടെ പറഞ്ഞ തീർപ്പ് അങ്ങനെ ആരും പറയാറില്ല പക്ഷേ ആദ്യം ഇങ്ങനെ മണ്ഡലേശ്വരന്റെ മുമ്പിലൊക്കെ വന്നിങ്ങനെ ഓരോരോ സന്യാസിമാരുടെ പേര് പറഞ്ഞ് ഇതെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് ആ രീതി ഇപ്പൊ ഇല്ല യോഗപ്പെട്ടവരും പറയാറുണ്ട് അതാണ് സന്യാസത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെയാണ് അതായത് സന്യാസ് ഈ പറയുന്ന ദീക്ഷാവിധി ഇത് കുറച്ച് പ്രാചീനമാണ് പ്രാചീനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വളരെ പ്രാചീനമായ മഠമാണ് ശങ്കേരി മഠം അതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ പലരും ഇന്ത്യാക്കാരും വിദേശികളുമെല്ലാം പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിന് മുമ്പുള്ള ആധികാരികമായ ഒരു രേഖകളുമില്ല കഥകളേ എന്നുവെച്ചാൽ വിജയനഗര സാമ്രാജ്യവും മഠവുമായിട്ടുള്ള ബന്ധം അത് കഴിഞ്ഞ് വരുന്ന പല സാമ്രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന ചക്രവർത്തിയുമായിട്ടുള്ള ബന്ധം ഹൈദരേലിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയൊക്കെയുള്ള പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിന് കാര്യങ്ങൾക്കൊന്നും തെളിവില്ലെന്ന് പൊതുവെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് മഠത്തിലുമില്ല രേഖകൾ മണത്തില ഉള്ളത് തന്നെ കൂടുതലും അവിടെ ദാനം ചെയ്തതിന്റെ ചില ശിലാരേഖകളും അത് ഇതൊക്കെയാണ് ഉള്ളത് അപ്പോ അങ്ങനെ നമുക്ക് ചരിത്രം പറയാൻ പറ്റില്ല ശങ്കരാചരുടെ കാലം പറയുന്നത് എട്ടാം നൂറ്റാണ്ടാണ് എട്ടാം നൂറ്റാണ്ടിന് ഈ പതിനെട്ടാം നൂറ്റാണ്ടിന് ഇടയ്ക്ക് സന്യാസ സമ്പ്രദായത്തിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിന് ആധികാരികരേഖ പക്ഷേ മുകളന്മാർ ഇവിടെ ഭരിക്കുന്ന സമയത്താണ് എന്നാണ് പറയുന്നത് ഈ ദശനാമ സമ്പ്രദായം ഉണ്ടായി എന്നാണ് പറയുന്നത് അഖാഡ സമ്പ്രദായം അഖാടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധ പരിശീലന കേന്ദ്രങ്ങളാണ് ബുസ്തി പിടിക്കുന്ന സ്ഥലത്താണ് അഖാഡ എന്ന് പറയുന്നത് അതെല്ലാവർക്കുമുണ്ട് വൈഷ്ണവ സമ്പ്രദായത്തിനും അഖാടയുണ്ട് സിഖുകാരുടെ സമ്പ്രദായത്തിൽ അവരെന്നാണ് ഖൽസ എന്ന് പറയും അവർക്കും ഉണ്ടക്കാട അങ്ങനവരങ്ങനെ പറയും കൽസയെന്നോ കാസെന്നോ അങ്ങനെ എന്തോ പറയും ഇവിടെ എല്ലായിടത്തും ആയുധ പരിശീലനം ഒരു ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് അങ്ങനെ ആയുധ പരിശീലനം നടത്തി ഈ സന്യാസിമാര് അപ്പോഴാണ് സന്യാസം സാർവത്രികമാകുന്നത് എന്ന് വെച്ചാൽ അന്ന് സന്യാസം എല്ലാ ജാതിക്കാർക്കും സന്യാസം ഒന്ന് അപ്പോഴാണ് കാരണം ഈ മിലിട്ടറിക്ക് എല്ലാവരും വേണമല്ലോ അവര് ചാവേറുകളായിരുന്നു അതിൽ വിശേഷിച്ച് ഈ നാഗസമ്പ്രദായം എന്ന് പറയുന്നത് ചാവേറുകളാണ് അവര് ഈ മുഗൾ സൈന്യത്തോട് യുദ്ധം ചെയ്ത് മരിച്ചതിന്റെ രേഖകളൊക്കെ ഉണ്ട് വായിച്ചിട്ടുണ്ട് ഹരിദ്വാറിലൊക്കെ കുംഭമേളയ്ക്കെല്ലാം മുഗൾ സൈന്യവും മണ്ഡലേശ്വരന്മാരുമായിട്ട് ഏറ്റുമുട്ടി ഒരുപാട് സന്യാസിമാർ ഈ ചാവേറുകൾ ഒരിടത്ത് രക്ഷപ്പെട്ടിട്ടില്ല എവിടെയൊക്കെ ചാവേറുകൾ ഉണ്ട് അവരെല്ലാം അവരെ കൊണ്ട് ഇന്നുവരെ ഒരു കാര്യവും ഒരിടത്ത് സാധിച്ചിട്ടില്ല എൽ ടി എന്ത് സംഭവിച്ച കേരളത്തിലും ഉണ്ടായിരുന്നു സാമൂതിരി കാലത്ത് മാങ്കം ചവറുകൾ എല്ലാവരും അവര് ചാകുകയുള്ളൂ എല്ലാവരും ഉദ്ദേശിക്കുന്ന കാര്യം അവരോടത്തും ഐ എസ് ഐ എസ് അതെന്തായി എല്ലാം ചത്തൊടുങ്ങും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സന്യാസിമാര് ചത്തൊടുങ്ങി ഒരു പ്രതിരോധം ഒരുപക്ഷെ തീർത്തിരിക്കാം പക്ഷെ മുഗൾ സൈന്യത്തിനോടൊന്നും ഇവര് വാളും കുന്തൊന്നും കൊണ്ട് പോയിട്ട് എന്താ പ്രയോജനം വളരെ സുശക്തമായ ഒരു സൈന്യത്തിനോട് ഇവർ പോയി ഏറ്റുമുട്ടി പ്രയോജനമൊന്നുമില്ല പക്ഷേ അന്ന് ഹിന്ദു ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതോ ഒരു സന്യാസി അത് ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ചിലട് പറയുന്നു മുദുസുവിനും സരസ്വതിയാണ് ചിലർ പറയുന്നു വേറെ എന്തായാലും അതാണ് ഈ അഖാട സമ്പ്രദായം ഉണ്ടാകുന്നത് കാശിയിലൊക്കെ അഖാടകളിൽ ഞാൻ പോയിട്ടുണ്ട് ശരിക്കും അതൊരു കണ്ടുകഴിഞ്ഞാൽ ഒരു എന്താണോ മിലിട്ടറി ക്യാമ്പ് പോലെ തന്നെയാണ് അവിടെ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവർ ഈ ആയുധങ്ങളെല്ലാം മാറ്റി ഒന്നും ഉപയോഗിക്കും ഓടില്ല എന്ന് പറയുന്നത് വാളം കുന്തവും പലതരത്തിലുള്ള ആയുധങ്ങൾ ഇന്നുകൊണ്ട് കുംഭമേള നടക്കുമ്പോൾ ഇവർ കുറച്ച് ആയുധ പ്രദർശനം നടത്താറുണ്ട് പരസ്യമായിട്ട് വടി വീശുക വാള് ചുഴറ്റുക പിന്നെ ഈ ഗത പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക ഇങ്ങനെ കുറെ അഭ്യാസങ്ങൾ പരസ്യമായി റോഡിൽ നടത്തി പോകാറുണ്ട് അത് തന്നെ വ്യക്തമായ തെളിവാണ് ദശനാമ സമ്പ്രദായം എന്ന് പറയുന്നത് ആയുധ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അതിന്റെ നേതാക്കന്മാരെയാണ് മണ്ഡലേശ്വരൻ എന്ന് പറയുന്നത് അത് ശരിക്കും മിലിട്ടറി സിസ്റ്റമാണ് കാരണം അവിടെ പോലീസ് വരെയുണ്ട് അപ്പോൾ ഇവർ വളരെ സീക്രട്ടായി ഇവരുടെ ഇടയിൽ മറ്റാൾ ആരും നുഴഞ്ഞു കയറാതിരിക്കാനാണ് ഈ രഹസ്യ കോഡുകൾ രോഗവട്ടം വെച്ചത് അതാണ് ഓരോ ബറ്റാലിയൻ വേറെ വേറെ അവരുടെ രീതികൾ ഞാൻ ചെല്ലുന്ന സമയത്തും ഈ ആശ്രമങ്ങളെല്ലാം നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ അന്ന് അന്നക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലം അവിടെ അന്നക്ഷേത്രത്തിൽ നമ്മൾ ഭക്ഷണത്തിന് ചെല്ലുമ്പം അവർ ചോദിക്കും ഏത് മടിയാണെന്ന് ചോദിക്കും എന്നുവെച്ചാൽ സന്യാസിമാർ പറയാൻ അറിയണം അപ്പന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്നു തന്നെ ഇതിനെക്കുറിച്ചതൊക്കെ കേട്ടോണ്ട് നമ്മളിതൊക്കെ വഴിയിൽ നിന്നെല്ലാം ഒപ്പിച്ചെടുത്തു ഈ മടിയും ഇടപാടും ഞാനതെല്ലാം ഓർക്കുന്നില്ല എന്നാലത് പറയാൻ അറിയാമായിരുന്നു അപ്പോ അവിടെ ചെന്ന് അന്നക്ഷേത്രത്തിൽ ചെന്നെങ്കുമ്പോൾ അവർ ചോദിക്കും പറയും നമ്മളത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മടിയില്ലെങ്കിൽ അടി ഉറപ്പാണ് ബെറ്റാലിയൻ എന്നുവെച്ചാൽ ഏറ്റവും നുഴഞ്ഞു കയറ്റക്കാരനാണ് ഇവനെ വെറുതെ വിടാൻ പാടില്ല അവർ ഭക്ഷണം തരത്തില്ല ഇപ്പില്ല ഇപ്പൊ അത് ഇപ്പൊ അവിടെ അന്നക്ഷേത്രങ്ങളിൽ പോലും സന്യാസിമാർ പോവാറില്ല ഈ ഭിക്ഷയെടുക്കുന്ന സാധുക്കളെ പോകാറുള്ളൂ പത്ത് ഇരുപത് നാൽപ്പത് വർഷം കൊണ്ട് ഒരുപാട് വ്യത്യാസം വന്നു അവിടുത്തെ രീതിയിൽ അപ്പോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു ദീക്ഷാ സമ്പ്രദായം കൂടെ പിൽക്കാലത്തുണ്ടായി അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇപ്പൊ അങ്ങനെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് ചില ഈ സന്യാസിമാര് ട്രഡീഷണൽ സന്യാസിമാര് അവരുടെ ഗുരുവിൻ്റെ പേരും കൂടെ പറയും ചോദിക്കാതെ പറയണമെന്നാണ് അതിവിടെ പറയും ഗുരുവിന്റെ പേര് സാറിന് ചോദിക്കാറുണ്ട് എന്നുവെച്ചാൽ ദീക്ഷ കൊടുത്ത ഗുരുവിൻ്റെ പേര് അപ്പൊ അത് യോഗപട്ടം എന്ന് പറയും അത് കഴിഞ്ഞ് വീണ്ടും ഈ ശിഷ്യന് ഇവിടെ ഇപ്പോൾ ദീക്ഷപൂർണമായിരുന്നു ഒരു ഉയർന്ന പീഠത്തിലിരുത്തി ഇപ്പോൾ ഇതിനുശേഷം ഗുരു ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു മൂന്നാമത്തെ നമസ്കാരം ി ഒരിക്കലും ഗുരു ശിഷ്യനെ നമസ്കരിക്കത്തില്ല ഒരു കാലത്ത് ഇത് അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കും അങ്ങനെ ഗുരു നമസ്കരിക്കുമ്പോൾ സഹഗതി അങ്ങനെയാണ് അങ്ങനെ ഒരു പീഠത്തിലിരിക്കുന്ന ആള് നമ്മൾ പോയി നമസ്കരിക്കുമ്പോൾ ദശനാമ സമ്പ്രദായത്തിൽ ഓം നമോ നാരായണായ എന്ന് പറയണം ആ ഇരിക്കുന്നതാണ് മഹന്തോ മഠാധിപതിയോ മണ്ഡലേശ്വരനോ ഒക്കെ ആണെങ്കിൽ അദ്ദേഹം തിരിച്ച് നാരായണായ എന്ന് പറയും അങ്ങനെ നാരായണായ എന്ന് പറയാത്ര മാത്രം ഓം നമോ വിട്ട് പറയുന്നതിനുള്ള ഒരു അവകാശം ഗുരുവിനേ ഉള്ളൂ ശിഷ്യനെപ്പോൾ ഓം നമോ നാരായണായ എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഗുരു നമസ്കരിക്കുമ്പോൾ ശിഷ്യൻ ാരായണായ എന്ന് പറഞ്ഞാൽ മതി കാരണം ഇവിടെ ഗുരു ശിഷ്യനെ നമസ്കരിക്കുന്നത് ഗുരുവായി അംഗീകരിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ തൻ്റെ ഗുരുവായിട്ടല്ല ഇയാൾക്ക് സന്യാസ ദീക്ഷ നൽകുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ശിഷ്യൻ എല്ലാവരുടെയും ഗുരുവാണ് അപ്പം ശിഷ്യനിലിരിക്കുന്ന ആ ഗുരുത്വത്തെ കണ്ടുകൊണ്ട് തന്റെ ഗുരു അല്ലെങ്കിലും ആ ഗുരുത്വത്തെയാണ് പിന്നെ അവസാനമായി നമസ്കരിക്കുന്നത് അപ്പോൾ സന്യാസത്തിനെ എത്ര മഹത്വപ്പെടുത്തുന്നു ആ സമ്പ്രദായത്തെ എത്ര മഹത്വപ്പെടുത്തുന്നു ആ സന്യാസത്തിൻ്റെ ഗൗരവത്തെ ശിഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗുരു ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഗുരുവായ താൻ പോലും നമസ്കരിക്കുന്ന ഒരു സ്ഥാനമാണ് നിനക്കുള്ളതെങ്കിൽ ലോകത്തിൽ ഈ ഗുരുത്വത്തിൻ്റെ മഹത്വം എന്താണ് സന്യാസധർമ്മത്തിൻ്റെ മഹത്വം എന്താണ് അപ്പോൾ സന്യാസ പരമ്പര ആ സന്യാസ പരമ്പരയ്ക്ക് ഒരു കളങ്കം ഈ ശിഷ്യൻ ഉണ്ടാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഗുരുതന്നെ തന്നെ നമസ്കരിച്ചെങ്കിൽ തന്റെ മഹത്വം എന്തായിരിക്കും തൻ്റെ മഹത്വം എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ മഹത്വം വ്യക്തിയുടെ മഹത്വം ആ ധർമ്മത്തിൽ എത്ര ദൃഢത ഒരാൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഇത് സാറിന് ഒരു തമാശയായിട്ടും പറയും ഗുരു നമസ്കരിക്കുന്നത് ഞാനിത്രയൊക്കെ ചെയ്ത് ദേവിയെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലേ എന്റെ ശിഷ്യനോടൊരു പ്രാർത്ഥനയാണ് ഇത്രയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു കുറഞ്ഞ പക്ഷം എന്നെ നരകത്തിലേക്ക് നയിക്കരുതേ എന്നൊരു പ്രാർത്ഥനയാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തമാശയായിട്ടൊക്കെ പറയും അതിനൊരു അർത്ഥം കൊണ്ട് അതും പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് സാധാരണ നിയമം അനുസരിച്ച് ഒരു സന്യാസി ജ്യേഷ്ഠയതി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്ന് വെച്ച പ്രായം കൊണ്ട് ജ്യേഷ്ഠനല്ല തനിക്ക് മുമ്പ് ആ ഗുരുവിൽ നിന്ന് സന്യാസി സ്വീകരിച്ചവരോ അല്ലെങ്കിൽ ഇതേ സമ്പ്രദായത്തിൽ മറ്റേതെങ്കിലും ഗുരുക്കന്മാരിൽ നിന്ന് സന്യാസം സ്വീകരിച്ചവരോ അതെല്ലാം ജ്യേഷ്ഠതിയാണ് പ്രായം കൊണ്ടല്ല പ്രായം കൊണ്ട് ചിലപ്പോൾ ചെറുതാണെങ്കിൽ പ്രായം കൊണ്ട് ചിലപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ അവരെ നമസ്കരിക്കണമെന്നുള്ളതാണ് ഗുരുവിനെ നമസ്കരിക്കുന്നത് പോലെ അവരെ കണ്ടുകഴിഞ്ഞാൽ നമസ്കരിക്കണം മുതിർന്ന സന്യാസിമാർ അതൊരു നിയമമാണ് പ്രായ ഒരു പിന്നെ ഗുരുവിന്റ ഗുരുവിൽ നിന്ന് സന്യാസി സ്വീകരിച്ചവർ ഗുരുഭായി എന്ന് പറയും അവരെയും ഗുരുവിന് തുല്യനായി നമസ്കരിക്കണം അങ്ങനെ നമസ്കാരിയന്മാരായി ഇത്തരക്കാരെല്ലാം ഉണ്ട് മുമ്പ് സന്യാസി സ്വീകരിച്ചവർ ഗുരുവിൻ്റെ ഗുരുഭായിമാർ ഇവരെയൊക്കെയാണ് ഈ ശിഷ്യൻ നമസ്കരിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഗുരു നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്ന് ഈ ശിഷ്യന് ഗുരുവിന്റെ സഹോദര സന്യാസിമാരും സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ മക്കളെന്നുള്ള അർത്ഥത്തില്ല ആ ഗുരുവിന് സന്യാസി സ്വീകരിച്ചവരും മുമ്പ് സന്യാ സ്വീകരിച്ചവരും ഒന്ന് നമസ്കരിക്കണം അത് കഴിഞ്ഞ് ഗൃഹസ്ഥന്മാര് എല്ലാം വിളിച്ച് ബ്രഹ്മചാരികള് ഗൃഹസ്ഥന്മാര് അവരെല്ലാം വന്നിട്ട് ഈ സന്യാസിമാരെ നമസ്കരിക്കുക അപ്പോൾ ബ്രഹ്മചാരികളുടെ ഡ്യൂട്ടിയാണ് സന്യാസിയെ കണ്ടാൽ നമസ്കരിക്കുക എന്നുള്ളത് ഗൃഹസ്ഥന്മാരുടെയും ഡ്യൂട്ടിയാണ് എത്ര വലിയ സ്ഥാനത്തിരുന്നാലും ശരി ഒരു സന്യാസി കണ്ടവർ നമസ്കരിക്കുന്നു അവർക്കതിന്റെ മര്യാദ പാലിക്കുന്നു ഇല്ല എന്നുള്ള വേറെ കാര്യം അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ചടങ്ങുകൾ അപ്പോൾ ഇങ്ങനെ നമസ്കരിക്കുന്നതിന് വേണ്ടി ശിഷ്യന് ഉയർന്ന പീഠത്തിലിരിക്കുന്നു പുഷ്പമാലാദികൾ കൊണ്ട് അലങ്കരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് വീണ്ടും സന്യാസധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു ഗുരുവാരൻ അപ്പോൾ ആ സമയത്ത് ശിഷ്യൻ പീഡത്തിലിരിക്കും ഗുരു താഴെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ മുമ്പിൽ ശിക്ഷന് ഇരിക്കാനേ പാടില്ല അതാണ് ഇരിക്കാം ഗുരുവിൻ്റെ മുമ്പിൽ എപ്പോ അധ്യയനത്തിന് വേണ്ടി സന്യാസ ദീക്ഷ തരുന്ന ഗുരുവിൻ്റെ മുമ്പിൽ അധ്യയനത്തിന് വേണ്ടി ഇരിക്കാൻ പാടും എന്തെങ്കിലും അധ്യയനം ചെയ്യണം അല്ലാതെ വർത്തമാനം പറയാൻ വേണ്ടിയൊന്നും ഇരിക്കാൻ പാടില്ല ഇന്നിപ്പോൾ അതൊന്നും പാലിക്കുന്നില്ല ഞാൻ പറയുന്ന പഴയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് ഗുരുവിൻ്റെ സമാധി വരെ പാലിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇതോടുകൂടി സന്യാസ ദീക്ഷോടെ പൂർത്തിയായി പിന്നെ ഒരു ചടങ്ങ് കൂടെയുണ്ട് അത് നിർബന്ധമല്ല അവസാനത്തെ ചടങ്ങും എന്താണ് ദണ്ഡത്യാഗം ഒരാൾക്ക് ഈ ദണ്ട് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നാണെങ്കിൽ ദണ്ട് കയ്യിൽ വയ്ക്കാം അതുകൊണ്ട് ഗുണമുണ്ട് എന്താണ് ഏ എങ്ങനെ ചെറിയ മണിയടി പൂജ ഇതെല്ലാം നടത്തും ദണ്ടിരുന്നു ശങ്കരാചാര്യന്മാരൊക്കെ പൂജയൊക്കെ നടത്തുന്നില്ലേ എന്തുകൊണ്ടാ അവർക്ക് അവരുടെ അടുത്ത് ദണ്ടിരിക്കുകയാണ് അപ്പൊ തലയിൽ ശിഖയും ത്തോളത്ത് യജ്ഞോപീതമൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം അതിനകത്തു കൊണ്ട് അത് അടുത്ത് വച്ചിരിക്കുകയാണ് അതിന്റെയൊക്കെ സങ്കല്പാദി ചെയ്തുകൊണ്ട് പക്ഷെ അഗ്നിഹോത്രാദികളൊന്നും ചെയ്യാൻ പാടില്ല ദേവതാ പൂജ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം അപ്പോ ഇപ്പൊ ഇവിടെ സന്യാസി സ്വീകരിച്ചവർക്ക് ഇവിടുത്തെ സമ്പ്രദായം വേറെ ഈ സമ്പ്രദായത്തെ കുറിച്ചൊക്കെ പലർക്കും സംശയമാണ് പൂജ ചെയ്യാമോ പാടില്ലേ ആ സമ്പ്രദായം അനുസരിച്ച് ആ സമ്പ്രദായം അനുസരിച്ച് പൂജ ചെയ്യണമെങ്കിൽ ഒരു വടിയെടുത്ത് അടുത്ത് വെച്ചാൽ മതി പൂജ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അഗ്നി കർമ്മം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അഗ്നി ഉപയോഗിച്ചുള്ള പൂജകളിൽ ഒരു പ്രശ്നമുണ്ട് അത് പിന്നെ നമ്മുടെ സ്വന്തം സമ്പ്രദായം എന്നുള്ള നിലയ്ക്ക് എന്തെന്ന് വെച്ചാൽ അത് ചെയ്യാം ഞാനീ പറയുന്നത് ദശനാമ അല്ലെങ്കിൽ ദശനാമി സമ്പ്രദായ വിധി അനുസരിച്ചാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ സന്യാസമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമ്പ്രദായമായിരിക്കുന്നതാണ് നല്ലത് ദശനാമി എന്ന് പറയും പിന്നെ അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടൊക്കെ ആവശ്യം തോന്നി പലപ്പോഴത്തൊക്കെ ഇടുകളുണ്ട് പിന്നെ ഈ ദേവതാ പൂജ എല്ല ഈ ആശ്രമങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ ആശ്രമങ്ങളിലും ദശനാമ സമ്പ്രദായത്തിലുള്ള ആശ്രമങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളുണ്ട് ഈ ദശനാമ സമ്പ്രദായം ഒരു പൊതുവെ ഒരു ശൈവപരമ്പരയാണ് അവിടുത്തെ പൂജയും ആരാധനയും എല്ലാം ശിവനാണ് ശിവനെയാണ് പൂജിക്കുന്നത് മിക്കവാറും എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ളത് ശിവ ശിവ ശിവലിംഗ പ്രതിഷ്ഠയാണ് എല്ലായിടത്തും വൈകുന്നേരം നടക്കുന്നത് ശിവമഹിമന സ്തോത്ര പാഠമാണ് രുദ്രാഭിഷേകം പോലെയുള്ള ചടങ്ങുകളാണ് ആശ്രമങ്ങൾ അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളിൽ ക്ഷേത്ര പൂജ സന്യാസിമാർ ചെയ്യുന്നു കാണുന്നുണ്ട് ബ്രഹ്മചാരികളില്ലെങ്കിൽ പൊതുവെ ബ്രഹ്മചാരികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മചാരികളിൽ കുറെ പേര് നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഇതെല്ലാം ചെയ്യാം പൂജകളെല്ലാം ചെയ്യാം അവർക്ക് ശിവയജ്ഞ ഉണ്ടല്ലോ ക്ഷേത്ര പൂജയൊക്കെ അവരാ ചെയ്യുന്നു പക്ഷെ നശിബ്രഹ്മചാരി ഇല്ലാതിരിക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറി സന്യാസിമാര് പൂജിക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം ആൾക്കാരുടെ സൗകര്യം പോലെ വ്യത്യാസം വരുത്തുന്നുണ്ട് എന്തായാലും ശങ്കരാചാര്യന്മാർ പൂജ ചെയ്യുന്നതിന് വിരോധമുണ്ട് കാരണം അവർ ദണ്ഡുണ്ട് ദണ്ട് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പഴയകാലത്തെ ഇവിടെ ചില രീതികളുടെയൊക്കെ അനുകരണവും കൂടെയാണ് കാരണം പഴയകാലത്ത് രാജാക്കന്മാരുടെ വെയിലുണ്ടായിരുന്നുണ്ട് ഒരു ദണ്ട് ചങ്കോൽ അപ്പോൾ അത് ഒരു പ്രതീകാത്മകമാണ് അവരുടെ അധികാര ചിഹ്നമാണ് ഇതെല്ലാം മതങ്ങളിലും കാണും ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട് അവരുടെ ഈ ബിഷപ്പ്മാരെല്ലാം കയ്യിൽ വടി പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുമല്ല ഈ രാജ ഇതെല്ലാം ഒരു പലതിൻ്റെ അനുകരണങ്ങളും പലതിൻ്റെ സമ്മിശ്രണങ്ങളും ഒക്കെയാണ് രാജാക്കന്മാരിങ്ങനെയുള്ള ചെങ്കോലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സന്യാസിമാർക്കും അങ്ങനെയുള്ള അധികാരങ്ങളുണ്ട് അപ്പോ അപ്പോൾ ഭരണമുണ്ട് ഈ ശൃംഗേരിയുടെ ഒക്കെ അവിടുത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് അവിടെ പോലീസ് വരെ ഉണ്ട് സുബേദാറ് എന്നൊരു തസ്തികയുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ വളരെയധികം സ്വത്ത് അവർക്ക് കൊടുക്കുകയും കർണാടകയിലെ ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ചാണ് അറുപത് എഴുപതുകളിലൊക്കെ കുറെ സ്വത്തുകളൊക്കെ സർക്കാർ എടുത്തിട്ട് വിതരണം ചെയ്ത് അത്രയധികം സ്വത്തുണ്ടായിരുന്നു ആ പ്രദേശം മുഴുവൻ മഠത്തിന്റെ കീഴിലായിരുന്നു അപ്പം ഈ സ്വത്തൊക്കെ ഉള്ളപ്പോൾ അതിന് ഭരണം വരും ഭരണം നിർവഹിക്കുന്നതിന് ശരിയായൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് തന്നെയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉള്ള അതിനകത്ത് കളക്ടർ മോൽ താഴോട്ട് ഉള്ള എല്ലാ പോസ്റ്റുകളും ഉള്ള തഹസീദാർ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴും കുറേയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ ടോപ്പിലിരിക്കുന്ന ആളിന് ഒരു ചില അധികാര ചിഹ്നങ്ങളെല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെയാണ് ദണ്ട് കൈ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ശിഷ്യന് ദണ്ട് തിരിക്കണമെന്ന് വന്നുകഴിഞ്ഞാൽ അപ്പം ഉപേക്ഷിക്കാം ദണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാള് പരമഹംസനായി അവിടെ പോലെയാണ് പരമഹംസന അതുകൊണ്ടാണ് പരമഹംസ പരിഭ്രാജക ആചാര്യൻ എന്ന് പറയുന്നു പരമഹംസൻ പരിഭ്രാജകനായിരിക്കണമെന്നാണ് അതാണ് വയ്പ പിന്നെ അതിൽ മഠസമ്പ്രദായം വന്നു അതുകൊണ്ട് തന്നെ പരമഹംസ സമ്പ്രദായത്തിൽ മഠസമ്പ്രദായത്തിന് വിമർശിക്കുന്ന സ്മൃതികൾ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു മഠാധിപതിയെ കണ്ടുകഴിഞ്ഞാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തോടുകൂടി പോയി കുളിക്കണമെന്നാണ് അപ്പത്തന്നെ മഠാധിപതിയല്ല കാണുന്നവൻ ഇനി ഏതെങ്കിലും കാരണവശാൽ മഠാധിപതിയെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടുപോയോ അയാൾ ചാന്ദ്രായണ വ്രതം പ്രാണായാമം പ്രായച്ചത്വം ഒരുപാടുണ്ട് ഇതൊക്കെ പഴയ അന്നത്തെ എന്ന് വെച്ചാൽ പരമഹംസൻ പരിപ്രാചകനാകണം പിന്നെ മഠാധിപതി ആകാൻ പാടില്ല ഇതൊക്കെ സ്മൃതികളി പറയുന്നതാണ് ഇനി ഒരു മഠത്തിൽ നിന്ന് ആഹാരം കഴിച്ചാലോ എന്ന് വെച്ചാൽ അതീന്ന് മനസ്സിലാക്കി അന്ന് ഈ മഠസമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ അതിനോട് യോജിക്കാത്തവരുണ്ടായിരുന്നു മഠത്തിൽ നിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും പ്രായചിത്തം ചെയ്യണം എന്നാൽ മട സമ്പ്രദായവും ഉണ്ടായിരുന്നു ഇതൊക്കെ കാലങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എല്ലാം മാറുമല്ലോ സന്യാസി നാലടി കൂടുതൽ മുമ്പോട്ട് നോക്കി നടക്കരുതെന്ന് പറഞ്ഞു നടക്കുവന്നു നാലടി മുമ്പിൽ അങ്ങോട്ട് നോക്കരുതെന്നാണ് എന്നിട്ട് നാല് സാധിക്കുന്ന കാര്യമില്ല സന്യാസി ഒരിക്കലും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കാൻ പാടില്ല നടക്കുവെന്ന് ഒരു സ്ത്രീയുടെ ചിത്രം കണ്ടുകഴിഞ്ഞാൽ പടം കണ്ടുകഴിഞ്ഞാൽ ഉടൻ പോയി പ്രായച്ചിത്തം ചെയ്യണം ഇന്ന് റോഡിറങ്ങിയ മുഴുവൻ പോസ്റ്ററാണ് പരസ്യങ്ങൾ ഞാൻ പ്രായച്ചിത്തം ചെയ്യാനേ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം ആചാരങ്ങൾ പറയുമ്പോ അത് പറയണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് സന്യാസിമാരുടെ ആചാരങ്ങൾ ആചാരബദ്ധരും ആചാര സംരക്ഷരമായതുകൊണ്ട് കഴിയുമെങ്കിൽ സന്യാസിയുടെ ഈ ആചാരങ്ങളെല്ലാം ഒന്ന് സംരക്ഷിച്ച് എനിക്കൊന്ന് കാണിച്ചു തരിക ഒരു സ്വർണ്ണം നാണയം ഞാൻ തന്നേക്കാം ആരെങ്കിലും ഒരാള് നാട്ടിലുള്ള ഓരോ ആചാരവും സന്ദർശിക്കുക ശരിക്കും നമ്മുടെ സ്മൃതികളിൽ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്യാസിമാരുടെ ആചാരങ്ങളൊന്നും പാലിച്ചു തരില്ല വേറെ ഒരാചാരവും പാലിക്കുന്നു അസാധ്യമാണ് ഒരു കാരണവശാലും അത് സാധിക്കത്തില്ല സന്യാസി ബധിരനായിരിക്കണം എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറേയൊക്കെ പാലിക്കാം എന്ന് പറഞ്ഞാൽ ബധിരനാകുന്ന എന്തുകൊണ്ട് ലോകവാർത്തകൾ ഒന്നും തന്നെ കേൾക്കാൻ പാടില്ല ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും ഇന്നൊരു സന്യാസിക്ക് അത് സാധ്യമാവോ ലോകവാർത്ത കേൾക്കാതെ ജീവിക്കാൻ പറ്റൂ ഇങ്ങനെ പറ്റില്ലെന്ന് മാത്രമല്ല കേട്ടേ ഒരു സന്യാസിക്ക് ജീവിക്കാൻ പറ്റും കാരണം ഇന്നിപ്പോൾ ഞാൻ രാവിലെ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഞാൻ പുറത്ത് ഞാനിപ്പോൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ ചെന്ന് ഗേറ്റ് തുറന്ന് അതിനകത്ത് കയറി എല്ലാതും ഒരു മനുഷ്യരുമായിട്ടും യാതൊരു സമ്പർക്കവും വയ്ക്കാറില്ല അതെന്റിന്റെ നിയമമാണ് അത് പാലിക്കാൻ വേണ്ടി ഇപ്പം ഷോപ്പിംഗ് നടത്താറില്ല ഒരിടത്തും പോകാറില്ല പക്ഷെ പോകുന്നു മൊബൈൽ തുറന്ന് നോക്കണം ഏതൊക്കെയാണ് കണ്ടെയ്ൻമെന്റ് ഏരിയ അതുവഴി പോകാൻ പാടില്ല പോയാൽ ക്വാറന്റീനായി പോകും ഞാൻ ചെറുപോഴേയും തിരിച്ചേതെങ്കിലും കണ്ടെയ്ൻമെന്റ് ഏരിയ കയറി കഴിഞ്ഞാൽ എനിക്കിവിടെ എത്താൻ പറ്റത്തില്ല അവിടെ പതിനാല് ദിവസം കിടക്കണം അവിടെ കിടന്നാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ ഇതറിയണ്ടേ അപ്പൊ ലോകവാർത്ത അറിയാതെ ജീവിക്കാൻ പറ്റും ഇന്ന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും പക്ഷെ ലോകവാടത്ത് കേൾക്കാൻ പാടില്ല ബഹിരനായിരിക്കണം മൂകനായിരിക്കണം എന്തുകൊണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ സർവം കല്ലിതം ബ്രഹ്മ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളല്ലാതെ ഒരു വർത്തമാനവും പറയരുത് നടക്കൂ ഇത്തരം കാര്യങ്ങളേ പറയാൻ പാടുള്ളൂ പിന്നെ ആകെ സന്യാസിക്ക് അനുവദിച്ചിട്ടുള്ള ഒരേ ഒരു സെന്റൻസ് എന്താണെന്നറിയാമോ ഓ ഭിക്ഷഹി എന്നല്ല അത് സിനിമയിൽ ഓം നാരായണ ഹരി ഭിക്ഷാന്തേ എന്ന് പറയേണ്ട കാര്യമില്ല അതിലെ പാട്ടിലും സിനിമയിലും ഒക്കെ ഉള്ളതാണ് ആ പാടിക്കോളെ നാരായണ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് സന്യാസിത വീട്ടിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു അയാൾക്ക് ഭിക്ഷ കൊടുക്കുക ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ല അയാചിതമാണ് എന്ത് ഭിക്ഷ യാചിച്ചു വാങ്ങുന്നതല്ല അത് യാചിച്ചു വാങ്ങുന്ന എന്താണ് മലയാളത്തിൽ പറഞ്ഞ പിച്ച പിച്ചയും ഭിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കണം സന്യാസി പിച്ചക്കാരനുള്ളവന്യോ ഭിക്ഷുവാണ് വ്യത്യാസമുണ്ട് അതും ഏർപ്പാട് ചെയ്ത് കഴിക്കാനും പാടില്ല അത് പറയുന്നുണ്ട് ഒരു ഒരു പ്രദേശത്ത് രോഗം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പാടില്ല ഭിക്ഷയ്ക്ക് ഒരു വീട്ടിൽ മരണം ദുഃഖകരമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഭിക്ഷയ്ക്ക് പോകാൻ പാടില്ല ഒരു വീട്ടിൽ നിന്ന് എന്താണ് പുക അടുപ്പില പുക ഉയരുന്ന കാണുന്നില്ലെങ്കിൽ അവിടെ ഭിക്ഷയ്ക്ക് പോകാൻ പാടില്ല കാരണം അവിടെ ചിലപ്പോൾ പട്ടിണിയായിരിക്കും അവിടെ ചെന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇങ്ങനെ ഭിക്ഷയ്ക്കും കുറെ നിയമങ്ങൾ പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിച്ച് ഭിക്ഷ വാങ്ങി ജീവിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് അപ്പോ ഈ നാരായണ ഹരി എന്ന് പറയുന്ന എല്ലാ വേറെ ഈ തത്വം അല്ല വേറൊന്നും സംസാരിക്കാൻ പാടില്ല നടക്കുമോ തത്വം പറഞ്ഞ ആശുപത്രി സ്കൂളും ഒക്കെ ഓടും നടക്കും ഒരു സന്യാസിയുടെ ഓരാചാരവും ഈ പറയുന്ന സന്യാസത്തിന്റെ മൂല്യങ്ങളല്ല സന്യാസിയുടെ ഓരാചാരവും നടക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഭാഷ്യം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഭാഷകാരം പറഞ്ഞ സന്യാസം ൊരിക്കലും ആർക്കും തന്നെ പ്രാവർത്തികമാകാൻ പറ്റില്ല പിന്നെ സ്മാർത്ഥ സന്യാസം അതും അസംഭവമാണ് പിന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിക്കാം ദണ്ഡത്യാഗം വരെയുള്ള കാര്യങ്ങൾ അതിനപ്പുറം പിന്നെ സന്യാസി ജീവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല സന്യാസത്തിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതല്ല അത് അപ്പോഴിഗ്രഹം ആർക്കെങ്കിലും സാധ്യമാവും ഒന്ന് സാധിക്കില്ല ആ സന്യാസത്തിൽ പിൽക്കാലത്ത് മഠം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരുന്നുണ്ട് ആദ്യകാലത്ത് മഠവുമില്ല മഠത്തിൽ താമസിക്കാൻ കൂടി മഠത്തിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പോ പരമഹംസനായിക്കഴിഞ്ഞാൽ ഒരാൾ പരമഹംസനാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നു അയാൾക്ക് പരമഹംസ മന്ത്രം ഉപദേശിക്കുന്നു പിന്നെ ഗായത്രി ഉപേക്ഷിച്ചതുകൊണ്ട് അയാൾക്ക് എല്ലാവർക്കും ഹംസഗായത്രി ആകാം പരമഹംസ മന്ത്രം കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടുത്തെ ഒരു ബ്രഹ്മചാരിനോട് ആവശ്യപ്പെട്ട് ഈ പരമഹംസ മന്ത്രം എന്താണെന്നൊന്ന് വിശദീകരിക്കുന്നു സാധാരണ ഈ സമ്പ്രദായം അനുസരിച്ച് പരമവംസ മന്ത്രവും പരമവംശ ഗായത്രിയും അത് ഒരു ദീക്ഷാരു ശിഷ്യനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പഴയ രീതി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഇതെല്ലാം പ്രിന്റഡ് ഫോമിൽ അവൈലബിൾ ആണ് എന്നിട്ട പുസ്തകങ്ങളുണ്ട് അപ്പൊ ഞാനിപ്പം നിങ്ങളോടത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കി വായിക്കാം പിന്നെ ഞാനത് രഹസ്യമാക്കി വെച്ചിട്ട് എനിക്ക് എന്താ ലാഭം പിന്നെ വേണമെങ്കിൽ എനിക്കൊരു കണ്ടിഷൻ വയ്ക്കാം എന്താണ് ഇത് പറഞ്ഞ് വിശദീകരിക്കുന്നതിന് സ്പെഷ്യൽ ദക്ഷിണ അത് വേണമെങ്കിൽ പറയാം പറയുന്നത് സന്യാസ ദീക്ഷ കഴിഞ്ഞതിന് ശേഷം ഗുരുവിന് ഫലം മൂല അതുണ്ട് അതാണ് അവസാനത്തിൽ കിടന്ന് ഗുരുവിന് ഫലം മൂലാദികളെല്ലാം അർപ്പിച്ച് ഗുരുവിനെ അതിലും വലിയ പീഠത്തിലിട്ടി ശിഷ്യം പൂജിക്കണം മറ്റുള്ള എല്ലാവരും പൂജിക്കണമെന്നുണ്ട് ദീക്ഷയിൽ അതുപോലെ ഒരു ഫീസ് നിശ്ചയിക്കാമെന്നുണ്ടെങ്കിൽ ആ സീക്രട്ടുകൂടെ പറഞ്ഞുതരാം ഏതാണ് പരമഹംസ മന്ത്രവും പരമഹംസ ഗായത്രി ഈ പരമഹംസ ഗായത്രി എന്ന് പറയുന്ന എല്ലാ ദേവതകൾക്കും അവരുടെ പേരിൽ ഗായത്രി ഉണ്ട് അയ്യപ്പൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട് ഗായത്രി ആ ഗായത്രിയില്ലാത്തവർ ദേവതയില്ല പൂജിക്കുന്നവർ ഇവിടെ എല്ലാവരും പൂജ നടത്തുന്നവരാണ് അതുകൊണ്ട് അറിയാം അപ്പോ ഈ ഗായത്രി മന്ത്രത്തിന്റെ അതേ ട്യൂണിൽ ആ ദേവതയുടെ പേരും കൂടെ ചേർത്ത് കഴിഞ്ഞ് ശകനം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഗായത്രി ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പേരിൽ ഗായത്രി ഉണ്ടാക്കാം ഒരു പ്രയാസമുള്ള കാര്യം ഇത് പരമഹംസനായതുകൊണ്ട് ഹംസഹ അവിടെ എന്താണ് പറയുന്നത് വരേണ്യം ഇവിടെ എന്ന് പറയും ഹംസായ വിത്മഹേ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുന്നു ഹംസായ ധീമരി തന്നോ ഹംസ പ്രചോദയ ഇത്രയുള്ളൂ എൻ്റെ ഇടയ്ക്ക് ഹംസ എന്ന് ചേർത്താൽ മതി ഹംസഹംസായ പരമഹംസായ തന്നോ ഹംസ ബാക്കിയെല്ലാം ഗായത്രി ഇത്ര ആയിക്കഴിഞ്ഞാൽ പക്ഷേ അത് ശരിക്കും ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ നിയമം അനുസരിച്ച് അത് തന്റെ ദീക്ഷാ ഗുരുവിൽ നിന്നും ഉപദേശരൂപത്തിൽ ദക്ഷിണകർണത്തിൽ സ്വീകരിക്കണമെന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതിലൊന്ന് പറഞ്ഞു രണ്ട് ജവി കൂടിയും കയറും അത് ഫാൾട്ടാണ് പിന്നെ എന്ത് ചെയ്യണം വലത്തെ ചെവിയിൽ തന്നെ ഉപദേശ രൂപത്തിൽ സ്വീകരിച്ച് അതിൻ്റെ വിശദീകരണങ്ങളെ കേട്ട് എല്ലാ മന്ത്രങ്ങൾക്കും വായിച്ചാലോ കേട്ടാലോ പോരാ അതിൻ്റെ വിധിയുണ്ട് അതനുസരിച്ച് അത് ചെയ്യണം എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ട് അനുഷ്ഠാന വിധി അതനുസരിച്ച് അത് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ പരമംസന് നേരത്തെ തത്വമല്ല ഉപദേശിച്ചല്ല തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാലും ചിലരുടെ മനസ്സ് തത്വജ്ഞാനത്തിൽ ദൃഢമാകത്തില്ല തത്വജ്ഞാനത്തിൽ ദൃഢമായവന് ഇതിൻ്റെ ആവശ്യമില്ല ഉപാസനയുടെ ആവശ്യം വംശഗായത്തിരുടെയും ആവശ്യമുണ്ട് പക്ഷേ തത്വജ്ഞാനത്തിൽ ദാർഢ്യം വന്നില്ലെങ്കിൽ അവന് പിന്നെ വരുന്നത് പരമവംശ മന്ത്ര ഉപാസനയാണ് ഈ പരമഹംസ മന്ത്രവും ഈ വിശ്വനാമി സമ്പ്രദായത്തിൽ തന്നെ അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടിയാണ് പലരും ചെറുകൾ അതും പുസ്തകങ്ങൾ പ്രണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വായിച്ചു നോക്കാം നമ്മൾ പറയ പറയാതിരിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല ഹംസഹസോഹം പരമാത്മാന്മയം എന്ന് ചിലടത്ത് ചിലടത്ത് ചെന്മയോഹം എന്ന് ചിലടക്ക് സച്ചിദാനന്ദ സ്വരൂപം ചിലടത് സച്ചുദാനന്ദ സ്വരൂപോഹം രണ്ടു തരത്തിലും ചെല്ലാറുണ്ട് സോഹം ചിലടത്ത് ബ്രഹ്മ ഓം എന്നൂടെ ചേർക്കും ഹംസഹ സോഹം പരമാത്മ ചിന്മയോഹം സച്ചിദാനന്ദ സ്വരൂപോഹം സോഹം ബ്രഹ്മവും ഇത്രയും നീട്ടി അത്ര വ്യത്യാസങ്ങളുണ്ട് അത് പല സമ്പ്രദായങ്ങളേതനുസരിച്ചു അതുപോലെ തന്നെ ഈ ഹംസഗായത്രിയിലും ചിലടത്ത് ആദ്യ ഹംസഹ എന്ന് ചൊല്ലും ചിലടടുത്ത് ചൊല്ലാറില്ല ഹംസായ എന്നേ ചൊല്ലാറു അപ്പോ ഈ പരവംശ മന്ത്രത്തിനൊരു പ്രത്യേകതയുള്ളത് അതിൻ്റെ മന്ത്രവിധി ഇത് അജപാമന്ത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഒരുപാട് മന്ത്ര തന്ത്ര തന്ത്രജ്ഞന്മാരൊക്കെ ഉള്ളതാണല്ലോ എന്താണ് ഗണപതി ഹോമം ഒരു ജ്യോതിഷമം വരെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്താണ് അജപാമന്ത്രം എല്ലാവരും കുലിഞ്ഞിരിക്കുന്നത് എന്നെ പരീക്ഷിക്കാനാണോ ഇവിടെ ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ വന്ന് എൻ്റെ അടുത്ത് മറ്റേ തന്ത്രം മറിച്ച തന്ത്രം പറയുന്നു ഇവിടെ എങ്കിൽ ഒരു മഹാമാന്ത്രികൻ അജപാ മന്ത്രം എന്ന് പറഞ്ഞാൽ ജപിക്ക ജപിക്കാൻ പാടില്ലാത്ത മന്ത്രം എന്ന ജപ്പിയതേ അജപ്പാ തന്ത്രസാരത്തിലും മറ്റും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് അജപാമന്ത്രം ഒരു മന്ത്രത്തിൽ ചേർന്നു അത് സ്വതന്ത്രമായിട്ടാണെങ്കിലും ആ മന്ത്രം ജപിക്കാ ജപിക്കേണ്ട കാര്യമില്ല ജപിക്കേണ്ട കാര്യം ജപിക്കില്ലാതെ നമ്മൾ സാധാരണ ദാരിത്രിയൊക്കെ ജപിക്കാറില്ല ഭഗവതി അതുപോലെ ജപിക്കത്തില്ല അജമാമന്ത്രം എന്ന് പറയുന്നത് ഹംസഹസോഹം ഇതാണ് അജമാമന്ത്രം ഇത് ജപിക്കേണ്ട ജപിക്കുന്ന മന്ത്രമല്ല അജമാ എന്ന് പറഞ്ഞാൽ ജപിക്കേണ്ട അല്ല പേരിൽ തന്നെ അ ജപ്പ ജപ്പിയതേ ന ഉച്ചാരിയെ പിന്നെ എന്തായും മന്ത്രം എന്തി ഗുരു ഉദിച്ചു ശിഷ്യെന്റേയും സ്മരിക്കും മന്ത്രത്തെ അജമാ മന്ത്രത്തെ സ്മരിക്കുകയും നിങ്ങളത് കേട്ടിട്ടില്ല ഇതുവരെ ചുട്ട കോഴിയെ പറത്തുന്ന ആൾക്കാരാണ് ഇത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ മോശമാണ് എന്തുകൊണ്ടാണ് അത് ജപിക്കാത്തത് കാരണം പഴയ കണക്കനുസരിച്ച് തന്ത്രശാസ്ത്രങ്ങളുടെ കണക്കനുസരിച്ച് ഒരു ദിവസം ഇരുപത്തി തവണ ഓരോ ജീവനിലും എന്ന് വെച്ചാൽ ഒരു രാവും പകരുമായിട്ട് അചപാ മന്ത്രം തനിയെ നടക്കുകയാണ് എന്താണ് ശ്വാസോച്ഛ്വാസം പണ്ടത്തെ കണക്ക് വെച്ച് നോക്കിയാലും ഇന്നത്തെ കണക്ക് നോക്കി നോക്കിയാലും അത് ശരിയാണ് കാരണം ഇന്ന് പറയുന്നത് ഡോക്ടർമാരൊക്കെ പറയുന്ന ഒരു ഒരാൾ ഒരു മിനിറ്റിൽ പന്ത്രണ്ടിനും ഇരുപതിനും അകത്തെ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം കൊടുക്കുമെന്നാണ് അതൊരു ശരാശരി ഒരു പതിനഞ്ചെടുത്ത് കഴിഞ്ഞാൽ രാവും പകരുമായിട്ട് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ഇരുപത്തി ഒന്നായിരം അറുന്നൂറ് ഇതാണ് പഴയ കണക്ക് തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നതാണ് പഴയകാലത്ത് പറയുന്ന അഹോരാത്രം നാഴിക കണക്കനുസരിച്ചാണ് ഇന്നത്തെ മണിക്കൂർ കണക്കനുസരിച്ചത് എന്തായാലും ആ കണക്ക് വളരെ ഒത്തു വരുന്നുണ്ട് പിന്നൊക്കെ ഒരുപാട് പടം ഇതൊരു ആവറേജ് കണക്കാണ് പറയുന്നു അപ്പം നമ്മളുടെ അജപ്പാ അജപ്പാ ജപം എന്ന് പറയുന്നു ജപിക്കാത്ത ജപം നടക്കുന്നു ഇതിപ്പോ തുടങ്ങി പറയുന്നു ജനനം മുതലും മരണം വരെ നടക്കുകയാണ് ജനിച്ച് ഏതോ ഒരു നമ്മൾ ഈ ശരീരത്തിൽ നമ്മുടെ ഈ ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവസാനത്തെ ശ്വാസം നീട്ടി വലിച്ചു വിടുന്നത് വരെ ജപം ഓരോ ജീവനിലും നടന്നുകൊണ്ടിരിക്കുന്നു അവനെ ജപിക്കേണ്ട ആവശ്യം തോന്നുന്നു ആ ജപം ശബ്ദം കൊണ്ട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും സോഹം ഹംസഹ എന്നിരിക്കും എന്നുവെച്ചാൽ സോഹം ഹംസങ്ങൾ ഇന്ന് ശ്വാസ ഉച്ഛാസ രൂപത്തിലാണ് സാധാരണ ഈ ഹടയോഗികളുണ്ടല്ലോ അല്ലോമ വിലോമപ്രാണായം എന്ന് പറയുന്ന ഈ പ്രാണായാമം അചപാമന്ത്രം അനുസരിച്ച് ആ പ്രാണായാമം നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല പ്രാണന ചെയ്യേണ്ട കാര്യമില്ല പ്രാണനായാമം ചെയ്യുക പറഞ്ഞാൽ എന്താണ് വലിച്ചു നീട്ടുക അപ്പോ താന്ത്രികന്മാർ ചോദിക്കുന്നത് അങ്ങനെ പ്രാണനങ്ങൾ വലിച്ചു നീട്ടുകയാണെങ്കിൽ അതിന് കൂർക്കം വലിക്കുമ്പോൾ നടക്കുന്നുണ്ടല്ലോ ഇല്ലേ ചിലർക്ക് കൂർക്കം ഇങ്ങനെ കൂർക്കം വലിക്കുന്ന കേട്ട സൂപ്പർ സോണിക്ക് ജെറ്റ് പോകും പോലെയാണ് എന്തൊരു ശബ്ദവും ബഹളവും കോലാഹലും ഇവിടെയും കാണും അങ്ങനെയുള്ള വിവരന്മാരെ നമ്മളറിയത്തില്ല ചിലപ്പോൾ ഞാനും കാണും മതിപ്പോ ഞാൻ പോയി ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറയും ഞാനും വലിക്കുന്നുണ്ട് ഭയങ്കര കോലാഹലങ്ങളാണ് അത് നീട്ടി അവനിക്കുന്നു പിന്നെ പ്രാണനെ ആയാമം ചെയ്യുകയാണെങ്കിൽ അതുപോലെ പ്രാണായാമം അപ്പോ പക്ഷേ പ്രാണന് ആയാമം സംഭവിക്കണം എന്നാണ് പറയുന്നത് പ്രാണനായാമം സംഭവിക്കുന്ന എന്തുകൊണ്ട് എന്തിന് പ്രാണന്റെ ഗ്യേതി മന്ദമാകണം അതിന് വേണ്ടിയിട്ടാണ് പ്രാണ ഹടയോഗാദിശരിയാണത് വേറെ സമ്പ്രദായം ഇതിവിടെ പറയുന്നത് മന്ത്രത്തിൻ്റെ സമ്പ്രദായം മന്ത്രത്തിൻ്റെ മന്ത്രസമ്പ്രദായം അജപാ സമ്പ്രദായം അനുസരിച്ച് പ്രാണനായാമം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലാവുമ്പോൾ ദീർഘമാവും ശ്വാസം മന്ദഗതിയിലാവുമ്പോൾ അസ്വാഭാവികമായിട്ടുള്ളതിൻ്റെയും അത് ദീർഘമാവും അത് നമ്മളെന്തെങ്കിലും വളരെ ഗൗരവമായി ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി നമ്മളെന്തെങ്കിലും ചിത്തവിക്ഷവും വരുമ്പോൾ ഭയം ഇതൊക്കെ വരുമ്പോൾ വളരെ വേഗത്തിൽ ശ്വാസോച്ഛ്വാസം പേടിച്ച് ആരാണ് പക്ഷെ വളരെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികം ശ്വാസം വളരെ മന്ദഗതിയാവും മന്ദഗതിയാകുമ്പോൾ വരുന്ന ശ്വാസത്തിന്റെ ആയാമത്തേനൂടെ എന്ത് പറയുന്നു പ്രാണായാമം പ്രാണന്റെ ആയാമം എന്ന് പറയുന്നു അപ്പോ ജീവൻ ആ ജീവന്റെ ഒരു ഭാഗമാണ് എന്താ പ്രാണൻ ആ ജീവൻ തന്റെ പ്രാണശക്തിയെ ഉപയോഗിച്ച് നിരന്തരം അജപ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് മരണം വരെ ജീവൻ തൻ്റെ ഭാഗമായിരിക്കുന്ന പ്രാണശക്തിയെ ഉപയോഗിച്ചിട്ട് അച്ചപ്പ് അത് ഒരു വ്യത്യാസമുണ്ട് ഇവിടെ പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മളീ ശ്വാസോച്ഛ്വാസത്തെ എടുക്കരുത് സാധാരണ ഈ യോഗം പഠിപ്പിക്കുന്നവരൊക്കെ പറയുന്നവർ കാരണം ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് എന്താ പാവം അന്നേരം നമ്മുടെ ഉള്ളിലേക്ക് പോയി ശ്വാസ ശ്വാസകോശത്തിലാ ചെല്ലുന്നത് ഇത് ആഴോട്ടൊന്നും പോകുന്നില്ല താഴോട്ട് പോകുന്നുണ്ടോ വിൻഡ് പൈപ്പ് അതുവഴി അങ്ങോട്ട് പോയി ശ്വാസകോശത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഓക്സിജൻ ബ്ലഡ് സ്ട്രീമിലേക്ക് പോയി റെഡ് സെൽസിൽ പോയി ആവശ്യമുള്ള എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്ത് തിരിച്ചുകൊണ്ടു വന്നെന്ത് ചെയ്യുന്നു പുറത്തും വിടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ല പ്രാണൻ അങ്ങ് നാഭിയിലൊന്നും പോകുന്നില്ല പക്ഷെ ഈ പ്രാണായാമം ചെയ്യുന്നവരൊക്കെ പറയുന്നത് എന്താണ് ഇത് അങ്ങ് എവിടെയൊക്കെ പോകുന്നു എന്നാണ് ശ്വാസം അവിടെയൊക്കെ പോകുന്നു നേരിട്ട് പോകുന്നില്ല പൗത്സ്യം പോകുന്നു അപ്പോ അജപ മന്ത്രം ശ്വാസ ഉച്ഛ്വാസ രൂപത്തിൽ ചെയ്യിക്കുന്ന പ്രാണനാണ് ഇത് രണ്ടും ഭൗതികമായ ഇതിന്റെ വ്യാഖ്യാനവും ആധ്യാത്മിക വ്യാഖ്യാനവും രണ്ട് രണ്ടാണ് ഒരിക്കലും ശരിയാകുന്ന കാര്യമില്ല ഭൗതികമായ വ്യാഖ്യാനത്തിനനുസരിച്ച് എന്താ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസത്തെടുത്ത് ഈ ഓക്സിജൻ എല്ലായിടത്തും ചെന്നെത്തുകയും കാർബൺ ഡയോക്സൈഡിന് കൃത്യമായി പുറത്ത് കളയുകയും ചെയ്യുന്നതുകൊണ്ടാണ് പ്രാണൻ ഇവിടെ നിൽക്കുന്നതെന്നാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വായും മുഖം കൂടെ പൊത്തിപ്പിടിച്ചു നോക്കുക ഇപ്പം വേണ്ട റൂമിച്ചത് പ്രാണൻ അപ്പം സ്ഥലം വിടും അപ്പോൾ ശരീരശാസ്ത്രം പറയുന്ന അതാണ് ഇതിൻ്റെ നേരെ തലതിരിഞ്ഞ ഏർപ്പാടാണ് എന്ത് പറയുന്നത് ആധ്യാത്മിക ആധ്യാത്മികശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം അതാണ് അതാണ് ശരി എന്തുകൊണ്ട് പ്രാണൻ ഇതൊക്കെ ചെയ്യിക്കുന്നു പ്രാണൻ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈ ശരീരത്തിൽ ഈ പ്രവൃത്തികളെല്ലാം നടക്കും പ്രാണൻ വേറെയാണ് ഇതുകൊണ്ട് നിലനിൽക്കുന്ന ഒന്നല്ല പ്രാണൻ പക്ഷേ പ്രാണൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ ശരീരത്തെ നിലനിൽക്കും പ്രാണനൂടെ നിലനിൽക്കണമെങ്കിൽ ചെയ്യണം പക്ഷേ അത് പ്രാണൻ ചെയ്യുന്നതാണ് അല്ല ഇത് പ്രാണനെ നിലനിർത്തുകയല്ല അതാണ് ഡോക്ടർമാർ പഠിക്കുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ വ്യത്യാസം സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറെടുത്ത് ചോദിച്ചതാണ് ഇവിടെ പറയുന്നത് എങ്ങനെയല്ല ജീവന്റെ ഭാഗമായി എന്തിരിക്കുന്നു പ്രാണശക്തി അത് ഈ പരിപാടികളെല്ലാം അത് ചെയ്യുന്നു അതിന്റെ അജപ ജപം കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ശരീരത്തിൽ ജീവൻ നില നോക്കുന്നു പ്രാണനും നില നോക്കുന്നു ജീവൻ ഉള്ളിടത്തേ പ്രാണനുള്ളൂ പ്രാണനുള്ളിടത്തെ ജീവനുള്ളൂ പ്രാണൻ പോയാൽ ജീവനും പോയി നമ്മൾ ഗീതയിലൊക്കെ പഠിച്ചാണല്ലോ അതാണ് അജപാമന്ത്രത്തെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ മൊത്തം ഈ ഇതിൻ്റെ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പ്രാണന് വലിയൊരു ജോലിയുണ്ട് ഈ മറ്റ് കർണങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിച്ച് കൊണ്ട് ഈ ജീവനെ ഈ ശരീരത്തിൽ നിലനിർത്തുക ഈ പ്രാണന് നേരിട്ട് ബന്ധമുള്ള ഒരാളാണെന്ത് മനസ്സ് പ്രാണനും മനസ്സുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഒന്നിൻ്റെ തന്നെ രണ്ട് തരത്തിലുള്ള വൃത്തികളെന്നാണ് പറയുന്നത് അതൊക്കെ നമ്മുടെ ആധ്യാത്മികമാണ് നിങ്ങളിതിനെ ഭൗതികമായി ചിന്തിച്ചിട്ട് ചോദ്യം ചോദിക്കരുത് അത് വേറെയാണ് ആധ്യാത്മികമായ വ്യാഖ്യാനങ്ങളാണ് ഇനി പ്രാണന്റെ ഗതിയെക്കുറിച്ച് പറയുമ്പോൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതിനോട് ചേർന്നാണ് ശബ്ദത്തിൻ്റെയും ഗതി എന്നാണ് എന്നുവെച്ചാൽ പ്രാണന്റെ ഗതി പറയുമ്പോൾ അത് ശ്വാസത്തിന്റെ ഗതിയല്ലേ അത് ഈ ഹടയോഗികൾ പലതും ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് പക്ഷെ അത് രണ്ടും രണ്ടാണ് കാരണം അവരത് പറയുമ്പോൾ ഈ പ്രാണന എനർജി എന്നാണ് പറയുന്നത് എനർജി എന്ന് വെച്ചാൽ ഊർജം ഊർജം എന്ന് പറയുന്നത് പ്രാണനല്ല അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ഇന്നത്തെ കുടയോഗികളുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് ഊർജം പ്രാണനല്ല ഊർജം എന്ന് പറയുന്ന മൃതശരീരത്തിനുമുണ്ട് പ്രാണൻ എവിടെയുണ്ടാ ഊർജം എന്ന് പറയുന്ന ഇതായി സർവത്രയുണ്ട് അതീ നമ്മുടെ സംസ്കൃത ശബ്ദങ്ങളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വരുന്ന ആകാശ കുഴപ്പങ്ങളാണ് അത് എനർജി എന്ന് തർജ് ചെയ്തു കഴിഞ്ഞാൽ പോയി പിന്നെ അതിനൊരു ഫോഴ്സ് എന്നൊക്കെ പറയാം അത് ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫിസിക്സിലെ ഫോഴ്സ് ആയിക്കും അത് വേറെ കാര്യം അതുമായിട്ട് യോജിക്കത്തില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും ശരിയായ ഒരു പദം ഇംഗ്ലീഷിനുണ്ട് എന്റെ ഇംഗ്ലീഷ് അല്പമായ ജ്ഞാനത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രാണൻ എനർജിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭേദം ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ എന്തായാലും ഇനി അതിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല ബാക്കി അടുത്ത ദിവസം നോക്കാം